വളരെയധികം ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇന്നായിരിക്കുന്നത് പല സഭകൾ പല പ്രവർത്തനങ്ങൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ അന്ത്യത്തിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ ആക്ടിവിറ്റിയുണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളുണ്ട് കൂടുതലായിട്ട് പല കാര്യങ്ങൾ നടക്കുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ആത്യന്തികമായി പ്രവർത്തനത്തിലൂടെ യേശു സ്വഭാവത്തിൽ വളരുക അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ വളർച്ച ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണം അത് നോക്കുമ്പോൾ അത് തുലവും കുറവായിട്ടാണ് നാം കാണുന്നത് പലപ്പോഴും നമുക്ക് ചുറ്റിനും നമ്മൾ കാണുന്ന ഈ പല സഭകളിലും ഊന്നൽ നൽകുന്നത് ബാഹ്യമായ കാര്യങ്ങളാണ് ബാഹ്യമായ പ്രവർത്തനങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ വേണ്ട ജനനം അത് കഴിഞ്ഞ് സ്നാനപ്പെടണം പ്രാപിക്കണം അത് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യം ചെയ്യണം ആ കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാം ചെയ്യുന്നു എല്ലാമായിട്ട് ആളുകൾ ഉത്സാഹത്തിൽ മുമ്പോട്ട് പോകുന്നു പക്ഷേ ആന്തരികമായ കാര്യം അടിയിലേക്കുള്ള കാര്യം ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാറില്ല കൂടുതലൊന്നും നമ്മൾ കേൾക്കാറില്ല നമ്മൾ കുരിന്തി ലേഖനത്തിൽ ന വായിക്കുമ്പോൾ ഒന്ന് കൊരിന്തിയറിൽ ഒന്ന് കൊരിന്തിയർ മൂന്നാമധ്യായം അവിടെ പൗലോസ് ഈ കൊരിന്തലുള്ള വിശ്വാസികളോട് ഒക്കെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിക്കുവാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ പൗലൂസ് അവരോട് പറയുമ്പോൾ പൗലൂസ് പറയുന്നു നിങ്ങൾക്ക് ഒരു ആത്മീയ വളർച്ച ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഒരു ആത്മീയ വളർച്ച ഉണ്ടാവുന്നില്ലല്ലോ നിങ്ങൾ എപ്പോഴും ശിശുക്കളാണല്ലോ നിങ്ങൾ ജഡികന്മാരെ പോലെ പെരുമാറുന്നത് അപ്പോൾ എന്താ ഈ ജഡികന്മാരെ പോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ ജഡികന്മാരെ പോലെ പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ തൊട്ട് താഴെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ അപ്പോൾ വലിയ ആത്മീക കാര്യങ്ങളുണ്ട് ഇവിടെ ആത്മീക വരങ്ങളുള്ളവരാണ് അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണ് വലിയ ആത്മീക വരങ്ങൾക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും ഉത്സ കൊടുക്കുന്ന ആളുകളായിരുന്നു പൊരുന്തലുള്ള വിശ്വാസികളും എന്നാൽ അവർക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ പറയുമ്പോഴും ഈർഷ്യ ഉണ്ടായിരുന്നു പിണക്കം ഉണ്ടായിരുന്നു വഴക്കുണ്ടായിരുന്നു വാഗ്വാദം ഉണ്ടായിരുന്നു ഇപ്രകാരം പല കാര്യങ്ങൾ ഈ കാര്യത്തിൽ അവർക്ക് ഒരു വ്യത്യാസമുണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല കാര്യം ഊന്നൽ എപ്പോഴും ബാഹ്യമായ കാര്യങ്ങളിലാണ് ഊന്നൽ പ്രവർത്തനങ്ങളിലാണ് നമ്മുടെ ചുറ്റിനും ഇന്ന് നാം കാണുന്ന സഭകളിലും നമ്മുടെ ചുറ്റിനും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഇടയിലും നമ്മൾക്ക് ആ ഒരു അപകടത്തിൻ്റെ സാധ്യതയുണ്ട് നമ്മളും പല കാര്യങ്ങൾ പറയുന്നു പല കാര്യങ്ങൾ ആത്മീയമായ കാര്യങ്ങൾ പറയുന്നു അതിനോട് ചേർന്ന് നമ്മൾ സംസാരിക്കുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ചില തിരുത്തലുകൾ ചില ശാസനകൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ കീഴടങ്ങിയിരിക്കുക ഇപ്പോൾ മൂപ്പനായിരിക്കുന്ന ഒരു സഹോദരനോട് നിങ്ങൾ ഇനി മൂപ്പനല്ലാതെ കുറച്ച് നിങ്ങൾ സാധാരണ സഹോദരനായിട്ടിരിക്കുക എന്നോട് പറയുക അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും പറയുന്നു അങ്ങനെ ഇതിനു മുമ്പ് ഒക്കെ ചിലരോട് പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചോളം വളരെ ആത്മീക ഭാഷ പറഞ്ഞിരുന്നവരാണ് പക്ഷെ പെട്ടെന്ന് ചില തിരുത്തലുകളും ചില ശാസനങ്ങളും ചില സാഹചര്യങ്ങൾ വന്ന് ചില സ്ഥലത്ത് അടങ്ങിയിരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർക്ക് നേരത്തെ ഉണ്ടാകാതിരുന്ന ദേഷ്യവും കോപവും ഒക്കെ ഹൃദയത്തിൽ വരുന്നതും പലരും വിട്ടുപോകുന്നതും ഒക്കെ നമ്മുടെ സഭയിലും നമ്മളിതിനു മുമ്പ് നമ്മളെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് കേട്ട ഈ കാര്യങ്ങൾ വളരെ വളരെ വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ് വളരെ ഞാൻ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ വളരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു ഞാൻ ആ കാര്യം ചെയ്യുന്നു ഈ കാര്യം ചെയ്യുന്നു വർഷങ്ങൾക്കുള്ള ആത്മീക പാരമ്പര്യവും പൈതൃകവും എനിക്ക് പറയുവാനുണ്ട് ഇത്ര വർഷത്തിന് ശേഷം എന്നിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് എൻ്റെ ഈർഷ്യ മാറിയോ എൻ്റെ കോപം എൻ്റെ വാഗ്വാദം പറയുന്ന സ്വഭാവം എൻ്റെ സ്വയത്തിൻ്റെ ആ ശക്തി ഞാൻ പഠിച്ച മൊയലിന് രണ്ട് കൊമ്പ് എന്ന് പറയുന്ന എൻ്റെ ഈ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള എൻ്റെ ആ ഒരു ശാഠ്യം എൻ്റെ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ആ കാര്യം എനിക്കൊന്നും മറ്റുള്ളവരോട് കേൾക്കാൻ എനിക്ക് പറ്റുന്നില്ല മറ്റുള്ളവർക്ക് ഹീൽഡ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനാണ് വലിയവൻ എന്നുള്ള ഭാവം ഇവിടെയാണ് ക്രിസ്തീയത നമ്മിൽ പ്രവർത്തിക്കേണ്ടത് യേശു ക്രിസ്തു പർവ്വത സമയത്ത് മത്തായി ഏഴാം അധ്യായത്തിൽ അവിടെയും ചുറ്റിനുമുള്ള ഒരു പ്രവർത്തനത്തെയും യഥാർത്ഥത്തിലുള്ള പ്രവർത്തനത്തെയും യേശു ക്രിസ്തു അതിനെ തുലനം ചെയ്ത് പറയുമ്പോൾ കർത്താവ് എന്താണ് അവസാനം പറയുന്നത് കർത്താവ് പറയുന്നത് പാറമയിൽ അടിസ്ഥാനമിട്ട് വീട് പണിഞ്ഞ മനുഷ്യനോട് കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് മണലിന്മേൽ പണിഞ്ഞ വ്യക്തി അവന് ഒട്ടുവാഴമില്ലായിരുന്നു എന്നാൽ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ഇത് മറ്റൊരു ഗോസ്പിലിൽ ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയുന്ന എന്ന ഒരു പ്രയോഗം അവിടെ ആഡ് ചെയ്തിട്ട് ആഴത്തിൽ കുഴിച്ച് അപ്പം നമ്മെ സംബന്ധിച്ചോളം ഈ ഗോതമ്പ് മണി നിലത്ത് വീണ് അത് അടിയിലാണ് ബ്രദറ് പലപ്പോഴും പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു ഇതൊരാന്തരിക വഴിയാണ് ഇതൊരാന്തരിക പ്രവൃത്തിയാണ് ഈ അടിയിലുള്ള ആഴത്തിൽ കുഴിക്കുന്ന മണ്ണിനടിയിലേക്ക് പോകുന്ന ഈ ഒരു പ്രവൃത്തി ഇതൊന്നും ആരും പെട്ടെന്ന് കാണത്തില്ല പെട്ടെന്നൊന്നും പൊങ്ങി വരികയില്ല ഒരു സൂപ്പർ സ്ട്രക്ചർ പെട്ടെന്നുണ്ടാവുകയില്ല ഇത് ആഴത്തിലേക്ക് കുഴിക്കുന്ന ഒരു വഴിയാണ് ആഴത്തിലേക്ക് കുഴിച്ച് ഇങ്ങനെ പണിയുന്നതിനേ പലർക്കും അതിനുള്ള ക്ഷമയില്ല അതിനുള്ള താല്പര്യമില്ല അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നു പല കാര്യങ്ങൾ പ്രസംഗങ്ങൾ നടക്കുന്നു പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടക്കുന്നു ആത്മാരിയുടെ ഇതായിട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഇതിനൊക്കെ പുറത്തു വന്നിരിക്കുന്ന ആളുകളെ കാണുമ്പ അവർക്ക് അന്യോന്യം അവർ ദേഷ്യവും വഴക്കും ആരാ വലിയവൻ ഞാനാണ് എനിക്ക് എൻ്റെ സ്ഥാനം ഞാൻ മുമ്പോട്ട് എന്നെ എന്നോടങ്ങനെ പറഞ്ഞു എന്നെ ചെറുതാക്കി എന്നെ എനിക്ക് ആ സ്ഥാനം തന്നില്ല ഞാൻ ആ മീറ്റിങ്ങിന് ചെന്നപ്പോൾ എന്നെ പ്രസംഗിക്കാൻ ഒരു രാ വാക്ക് പറയാൻ പോലും എന്നെ വിളിച്ചില്ല എനിക്കൊരു അവസരം തന്നില്ല എന്നെ കണ്ടില്ലേ എനിക്ക് ട്രാൻസ്ഫർ അങ്ങോട്ട് വിട്ടു ഇത് എവിടെയോ എന്തൊക്കെയോ പന്തികേടുണ്ട് നമ്മെ സംബന്ധിച്ചോളം പ്രിയ സൗരസൗരന്മാരെ നമുക്ക് ഇത് ഞാൻ പുറത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മൾ നമ്മിൽ നിന്ന് ഇത് വീട്ടിലോട്ട് വരുമ്പോൾ എന്നാലും എന്നോട് എന്നോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു ചെയ്യാൻ എന്നോട് ചോദിച്ചില്ല എന്നോട് പറഞ്ഞില്ല നമുക്ക് വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ദേഷ്യം സഭയിലുള്ള സൗരസൗരന്മാർക്കിടയിലുള്ള അന്യൂന്യമുള്ള ദേഷ്യവും പെണക്ക് ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ് നമുക്ക് ഈ ആഴത്തിലേക്ക് കുഴിക്കാൻ കർത്താവേ എന്നെ എൻ്റെ ഇഷ്ടം വെട്ടുകളയാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ കർത്താവേ എന്നെ ഞാൻ താഴാനായിട്ട് തയ്യാറാണ് ക്രിസ്തു തമ്മിൽ വളരണം എന്ന് നമുക്കൊക്കെ താൽപ്പര്യമാണ് എനിക്ക് കൂടുതൽ ക്രിസ്തു വളരണം എനിക്ക് കൂടുതൽ ആത്മീയനാകണം എന്ന് താല്പര്യമുണ്ട് എന്നാൽ ആത്മീയനാകണം എങ്കിൽ വഴി എന്താണ് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം യോഹനാൻ സുവിശേഷം എഴുതി യോഹനാൻ മൂന്നാം അധ്യായം യോഹനാൻ മൂന്നാം അധ്യായം അവിടെ മുപ്പതാം വാക്യം അവൻ വളരണം അവൻ വളരണം യേശു വളരണം അവൻ വളരണം നമുക്ക് എത്ര പേർക്ക് നമ്മിൽ കർത്താവ് വളരണം എന്ന് താല്പര്യമുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്ക് ഉറപ്പാണ് ഇവിടെ ഉള്ളത് നമ്മളെല്ലാവരും തന്നെ എന്നെ ലേശു വളരണമെന്ന താല്പര്യമുള്ളവർ ആരൊക്കെയാണ് നമ്മളെല്ലാം കൈകർത്തും എന്നാൽ അതിൻ്റെ വഴി എന്താണ് അവൻ വളരണം ഞാനോ കുറയണം അവൻ വളരണം ഞാനോ കുറയണം അപ്പം ഞാൻ കുറയാനായിട്ട് തയ്യാറാകുന്നിടത്താണ് ക്രിസ്തുവിന് വളരാനായിട്ട് കഴിയുക ഞാൻ കുറയാനായിട്ട് എൻ്റെ ഇഷ്ടം കുറയാനായിട്ട് എൻ്റെ സ്വന്തം താല്പര്യങ്ങളെ വിടാനായി ഞാൻ തയ്യാറാകുമ്പോൾ അവിടെയാണ് ക്രിസ്തു വളരുന്നത് അവിടെയാണ് ആത്മീക വളർച്ച അവിടെയാണ് ജഡികനിൽ നിന്ന് ഞാനൊരാത്മീകനായിട്ട് മാറുന്നത് നമ്മൾ ഈ ആഴത്തിൽ കുടിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞ അതിനോട് ബന്ധപ്പെട്ട ഒരു പരാമർശം രണ്ട് രാജാക്കന്മാരിൽ അവിടെ ഒരു ദൈവിക പ്രവൃത്തി നടക്കുന്നതിനെക്കുറിച്ച് വായിക്കുന്ന ഒരു ഭാഗമുണ്ട് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായമാണ് രണ്ട് രാജാക്കന്മാർ മൂന്നാം അധ്യായം അവിടെ ഹോസ് ഷഫത്ത് മോവാബ് രാജാവ് മത്സരിച്ചിരിക്കുന്നതും മോവാബ് രാജാവ് യുദ്ധത്തിന് വരുന്നതും ആയിട്ടുള്ള ഒരു ഭാഗമാണ് അവിടെ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട് അത് പതിനാറും പതിനേഴും വാക്യങ്ങളാണ് അവിടെ യുദ്ധം ആയിരുന്നു അവർക്ക് യുദ്ധത്തിൻ്റെ യുദ്ധത്തിൻ്റെതായിട്ടുള്ള പ്രയാസമുള്ള ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ അവർക്ക് ഒരു വെള്ളത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു പ്രത്യേക സാഹചര്യം ആ സാഹചര്യത്തിൽ അവരോട് ചെയ്യാനായിട്ട് പറയുന്ന അവൻ പതിനാറ് വാക്യം വായിക്കട്ടെ അവൻ പറഞ്ഞത് എന്തെന്നാൽ എഹോ വൈപ്രകാരം അരളിച്ചിരുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ അവിടെയൊരു വിശാലമായ ഒരു താഴ്വരയാണ് വെള്ളത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്തൊരിടം അങ്ങനെയൊരിടത്ത് ഇവർ പാളയം ഇറങ്ങി ആളുകളും സൈന്യവും കുതിരയും ഒക്കെ ഉണ്ട് അവരാകെ വെള്ളമില്ലാതെ നശിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ യഹോയുടെ അരളപ്പാടുണ്ടാവുകയാണ് ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ അപ്പോൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുക എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് വലിയ താല്പര്യമുള്ള കാര്യമല്ല എപ്പോഴും നമുക്ക് അടിയിലേക്ക് പോകുന്നത് കുഴിക്കുന്നത് പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ താല്പര്യവും ഊന്നലും നാം കൊടുക്കാറുള്ളൂ എന്നാലവിടെ അവരോട് കുഴികൾ വെട്ടുവാനായിട്ട് പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് നാം അവിടെ കാണുന്നത് എന്താ സമയം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്ന പതിനേഴാം വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ ആടുമാടുകൾക്കും നിങ്ങളുടെ മൃഗവാഹനങ്ങൾക്കും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഈ താഴ്വരയിൽ ഒരു വെള്ളവും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ താഴ്വരെ വെള്ളം കൊണ്ട് നിറയാനായിട്ടുള്ള ഒരു വഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അനേകം കുഴികൾ വെട്ടാനായിട്ട് പറയുന്നു അനേകം കുഴികൾ വെട്ടാനായിട്ട് പറയും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ സാഹചര്യം വായിക്കുമ്പോൾ ഇരുപതാം വാക്യം വായിക്കുന്നു പിറ്റേനാൾ രാവിലെ ഭോജനയാകത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു എങ്ങനെയാണ് ഈ വെള്ളം കൊണ്ട് നിറഞ്ഞത് പലപ്പോഴും നമുക്ക് നമ്മുടെ സഭയിലും വളരെ ഒരു കോൺഫറൻസിന്റെ സമയത്ത് ഒരു വെള്ളം വരുന്നത് പോലെ ആത്മീക മാരിയുടെ വളരെ ശക്തമായ ദൈവിക സന്ദേശങ്ങൾ കേൾക്കുന്നു ആളുകൾ ഉത്സാഹത്തോടുകൂടെ തിരിച്ചു പോകുന്നു യൂത്ത് ക്യാമ്പിൽ ആളുകൾ ഉത്സാഹത്തോടുകൂടെ തിരിച്ചു പോകുന്നു വെള്ളം വന്നു വെള്ളം ഒഴുകി അങ്ങ് പോയി വെള്ളം വന്നു വെള്ളം ഒഴുകിപ്പോയി താഴ്വരയിൽ അവിടെ വെള്ളമില്ല വെള്ളം കുത്തി ഒഴിച്ച് ഇവിടെ മോളിൽ നിന്ന് താഴേക്ക് വെള്ളം പോകുന്നത് പോലെ ഇവിടെ ഒരു ചരിഞ്ഞ പ്രതലമാണ് ഇവിടെ മോളിൽ വെള്ളം വീണാൽ വെള്ളം ഒഴുകി താഴേക്ക് അങ്ങ് പോകും ഇവിടെ എങ്ങും വെള്ളം നിൽക്കുകയില്ല എന്നാൽ അന്ന് അവിടെ വെള്ളം ഒഴുകിയപ്പോൾ ആ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ താഴ്വരയിൽ അനേകം കുഴികൾ അവർ കുത്തി അനേകം കുഴികൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട സൗരീസൗകരന്മാരെ നാം ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ഹൃദയത്തിൽ ഈ താഴേക്കുള്ള കുഴിക്ക് നാം തയ്യാറാവുകയാണെങ്കിൽ നാം കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ കോൺഫറൻസുകൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ കുഴികളെ വെട്ടുവാനുള്ള താല്പര്യക്കുറവ് ആണ് പലപ്പോഴും നമുക്ക് ജഡികരിൽ നിന്നും ആത്മീയരായി മാറുവാനായിട്ട് പലപ്പോഴും നമുക്ക് നമുക്ക് കഴിയുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മിലുള്ള പഴയ അന്നത്തെ ഉണ്ടായിരുന്ന അന്നത്തെ അതിർത്തിക്കാരൻ അന്നത്തെ ഇടതുചാട്ടക്കാരൻ അന്നത്തെ ദേഷ്യക്കാരൻ അന്നത്തെ സംസാരപ്രിയൻ അന്നത്തെ പണ്ട് മുതലുള്ള അന്ന് തന്നെ അന്നത്തെ ആ വ്യക്തി തന്നെയാണോ ഇന്നും നമ്മിൽ നമ്മളൊരു വ്യത്യാസമുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് നമ്മിൽ കൂടുതൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് ഈ ആഴത്തിൽ കുഴിക്കുന്ന കുഴികളെ വെട്ടുന്ന ആ ഒരു പ്രവർത്തിക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു പ്രവർത്തിക്ക് ആ ഒരു വഴിക്ക് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെ നാം കൊടുക്കുമ്പോൾ ഈ ഒരു പുതിയ വർഷം രണ്ടായിരത്തി പതിനെട്ട് ഒരു വർഷം ജനുവരി കഴിഞ്ഞു നമ്മൾ രണ്ടാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഒരു വർഷം കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഈ പ്രകാരം താഴേക്ക് കുഴിക്കുവാൻ നിലത്ത് വീണ ചാകുന്നത് ചാകുവാൻ എൻ്റെ സ്വന്തം ഇഷ്ടം വേണ്ട എന്ന് വയ്ക്കുവാൻ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവേ എൻ്റെ ജോലിസ്ഥലത്ത് എൻ്റെ സഭാ ജീവിതത്തിൽ ഞാൻ അതിന് തയ്യാറാകുന്നു കർത്താവ് എൻ്റെ ഹൃദയത്തിൽ കുഴികളെ വെട്ടുവാൻ ഞാൻ തയ്യാറാണ് ആഴത്തിൽ കുഴിക്കുവാൻ ഞാൻ തയ്യാറാണ് കർത്താവെ ഞാൻ എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് വയ്ക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നാം ആ വഴിയെ പോകുവാനായിട്ട് നാം തീരുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനം വരുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് കഴിയും മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് കഴിയും ആ സഹോദരൻ്റെ ജീവിതത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടല്ലോ ആ പണ്ടത്തെ പോലെയുള്ള വ്യക്തി അല്ലല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു മാറ്റം സംഭവിക്കുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു വളർച്ച ഉണ്ടാവുന്നു നാം കുറയട്ടെ നാം കുറയട്ടെ ഞാൻ കുറയട്ടെ കർത്താവ് തമ്മിൽ വളരട്ടെ ആമേൻ